നിനക്ക് നാം അവതരിപ്പിച്ചു തന്ന കാര്യത്തിൽ നീ സംശയത്തിലാണെങ്കിൽ നിനക്കു മുമ്പ് വേദഗ്രന്ഥം വായിച്ചിരുന്നവരോട് ചോദിക്കുക നിന്റെ രക്ഷിതാവിങ്കൽ നിന്ന് നിനക്ക് സത്യം വന്നെത്തിയിരിക്കുന്നു അതിനാൽ നീ സംശയിക്കുന്നവരിൽ ഒരാളാകരുത്